അധ്യായം ഇരുപത്തിയേഴ് അന്നമില് മക്കയിൽ അവതരിച്ചത് പതിനെട്ടാം വചനത്തിൽ ഉറുമ്പിനെ കുറിച്ച് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ുർആാനിലെ അഥവാ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഗ്രന്ഥത്തിലെ വചനങ്ങളത്രേ അവ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയും അത്രേ അത് നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പരലോകത്തിൽ വിശ്വസിക്കാത്തതാരോ അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു അങ്ങനെ അവർ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു اولائك الذين لهم سوء العذاب وهم في الاخرتهم الافسرون اوراترى قدنا شيخه ഉള്ളവർ പരലോകത്തെവർ തന്നെയായിരിക്കും ഏറ്റവും നാശം നേരിടുന്നവർ وان انك لتنل قَلْ قُرْآنَ مِنْ لَدُ الْحَكِيمِنْ عَلِيمِ تِيرْچَ يَعَيُمْ يُكْتِ مَانُمْ سَرُوَتْ نِنُمْ آئِيُ ٹُلَّ وَنْدَ بَكَّلْ نِنْ نَعَقُنْنُّو نِنَكْ قُرْآنَ نَلْقَ پَّدُنْنَدُ إِذْ قَالَ مُوسَى لِأَهْلِهِ إِنِّي آنَسْتُ نَارَنْسَ آتِيكُمْ مِنْ آذِ خَبَرْ ും മൂസ തന്റെ കുടുംബത്തോട് പറഞ്ഞ സന്ദർഭം തീർച്ചയായും ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു അതിൻ്റെ അടുത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് വല്ല വിവരവും കൊണ്ടുവരാം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു തീനാളം കൊളുത്തിയെടുത്ത്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 பகரம் கொண்டுவருகையும் செய்தால் சீர்ச்சையா யும் நான் ஏரே பொறுக்குவனும் கருணைதியுமாகு. وَأَدْخِلْ يَدَكَ فِي جَيْبِكَ تَخْرُجْ بَيْضَاءَ مِنْ غَيْرِ سُوءٍ فِي تِسْعِ آيَاتٍ فِي تِسْعِ آيَاتٍ إِلَى فِرْعَوْنَ وَقَوْمِ إِنَّهُمْ كَانُوا قَوْمًا فَاسِقِينَ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 وجحدوا بها واستيقنتها انفسهم ظلموا وعلو فنظر كيف كان عقبى المفسدين அவையпети அவருடைய மனസുകൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടും അക്രമവും അഹങ്കാരവും മൂലം അവരതിനെ നിഷേധിച്ചു കളഞ്ഞു അപ്പോൾ ആ കുഴപ്പക്കാരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക ദാവൂദിനും സുലൈമാനും നാം വിജ്ഞാനം നൽകുകയുണ്ടായി തന്റെ വിശ്വാസികളായ ദാസന്മാരിൽ മിക്കവരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് അവർ ഇരുവരും പറയുകയും ചെയ്തുമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ പക്ഷികളുടെ ഭാഷ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഇതുതന്നെയാകുന്നു പ്രത്യക്ഷമായ അനുഗ്രഹം ുലൈമാനു വേണ്ടി ജിന്നിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട തന്റെ സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു അങ്ങനെ അവരതാ ക്രമപ്രകാരം നിർത്തപ്പെടുന്നു ും സുലൈമാനൂനോദൂം ലായൂൻ അങ്ങനെ അവർ ഉറുമ്പിൻ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു ഹേ ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടിത്തേച്ചു കളയാതിരിക്കട്ടെ സ ചാഹിക്കൗലിഹ വ്യ ഔജി അന്നുറല്ലി അന്നം ചഹലഹലിരൈ വ അന്നല സ്വാലിഹം ചുദ വ അതിറി കഫീവജി കാലിഹി അപ്പോൾ അതിന്റെ വാക്ക് കേട്ട് അദ്ദേഹം നന്നായൊന്ന് പുഞ്ചിരിച്ചു എന്റെ രക്ഷിതാവെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും എനിക്ക് നീ പ്രചോദനം നൽകേണമേ നിന്റെ കാരുണ്യത്താൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ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 وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان اعمالهم وزين لهم الشيطان اعمالهم فصددهم عن السبيل فهم لا يهتدون ಅವಳು ಅವಳ ಜನರೊಂದಿಗೆ ಸೂರ್ಯನಿಗೆ ನಮಸ್ಕರಿಸುತ್ತಿದ್ದಳು ನಾನು ನೋಡಿದೆ ಪಿಶಾಜ್ ಅವರಿಗೆ ಅವರ ನಡವಳಿಕೆಗಳು ഭംഗിയായി തോന്നിക്കുകയും അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും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 ആ കത്ത് ഇപ്രകാരമത്ര പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എനിക്കെതിരിൽ നിങ്ങൾ അഹങ്കാരം കാണിക്കാതിരിക്കുകയും കീഴതുംങ്ങിയവരായിക്കൊണ്ട് നിങ്ങൾ എന്റെ അടുത്തു വരികയും ചെയ്യുക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 مُوسِنَةٌ إِلَيْهِمْ بِهَدِيَّةٍ فَنَاظِرَةٌ بِمَا يَرْجِعُ الْمُرْسَلُونَ ياവർക്ക് ഒരു പാരിദോഷികം കൊടുത്തയച്ചിട്ട് എന്തു ഒരു വിവരവും കൊണ്ടാണ തൂദന്മാർ മടങ്ങി വരുന്നതെന്ന് നോക്കാൻ പോവുകയാണ് ഫലം മജാ സലൈമാൻ ഖാല അതുംദിദൂനനി ബിമാൽ ഫമാ ആതാനി അല്ലാഹു ഖൈറൻ مما اتاകും അങ്ങനെ ദൂതൻ സുലൈമാന്റെ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സമ്പത്ത് തന്ന് എന്നെ സഹായിക്കുകയാണ് എന്നാൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ളതിനേക്കാൾ ഉത്തമം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാരിതോഷികം കൊണ്ട് സന്തോഷം കൊള്ളുകയാകുന്നു നീ അവരുടെ അടുത്തേക്ക് തന്നെ മടങ്ങി ചെല്ലുക തീർച്ചയായും അവർക്ക് നേരിടുവാൻ കഴിയാത്ത സൈന്യങ്ങളെയും കൊണ്ട് നാം അവരുടെ അടുത്ത് ചെല്ലുകയും അപമാനിതരുമായ നിലയിൽ അവരെ നാം അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞു ഹേ പ്രമുഖന്മാരെ അവർ കീഴൊതുങ്ങിക്കൊണ്ട് എന്റെ അടുത്തു വരുന്നതിനു മുമ്പായി നിങ്ങളിൽ ആരാണ് അവളുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരിക ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ഒരു മല്ലൻ പറഞ്ഞു അങ്ങ് അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പായി ഞാനത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം തീർച്ചയായും ഞാനതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാകുന്നു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 കരഗതമാക്കിയിട്ടുള്ള ആൾ പറഞ്ഞു താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചുവരുന്നതിനു മുമ്പായി ഞാനത് താങ്കൾക്ക് കൊണ്ടുവന്നു തരാം അങ്ങനെ സിംഹാസനം തന്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കുവാനായി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇത്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 നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്ന ദൗത്യവുമായി സമൂത് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലഹിനെയും നാം അയക്കുകയുണ്ടായി അപ്പോഴതാ അവർ അന്യോന്യം വഴക്കടിക്കുന്ന രണ്ടു കക്ഷികളായിത്തീരുന്നു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 தானடாயிர்கும் عند الله بل انتم قوم تفتنون അവർ പറഞ്ഞു நீ மூலவும் നിنده கூடையുള്ളവർ மூலவும் ഞങ്ങൾ சகுனப்பிழையில் ആയിരിക്കുന്നു அதேயும் പറഞ്ഞു നിങ്ങളുടെ சகுனம் அல்லாஹ்வுイングல் ரேகப்பட்டதற்றே அல்ல நீங்கள் தெய்வீகമായ പരീക്ഷണത്തിനെ വിധേയരാകുന്ന ഒരു ജനതയാകുന്നു وكان في المدينه تسعه رهط يفسدون في الارض ولا يصلحون भूमि يقلبمداكن ورم اور ننم يمداكاتവരมาย 9 பேர் ആ പട്ടണത്തിലുണ്ടായിരുന്നു قالوا تقاسموا بالله لنا بيتا له واهله ثم لنقولا സ്വാലഹിനെയും അവന്റെ ആളുകളെയും നമുക്ക് രാത്രിയിൽ കൊന്നുകളുകളയണമെന്നും പിന്നീട് അവന്റെ അവകാശിയോട് തന്റെ ആളുകളുടെ നാശത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു എന്ന് നാം പറയണമെന്നും നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണം എന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചു അവർ ഒരു അവർ ഓർക്കാതിരിക്കെ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു എന്നിട്ട് അവരുടെ തന്ത്രത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക അതെ അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവൻ നാം തകർത്തുകളഞ്ഞു അങ്ങനെ അവർ അക്രമം പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരുടെ വീടുകളതാ ശൂന്യമായി വീണടിഞ്ഞുകിടക്കുന്നു തീർച്ചയായും മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് വിശ്വസിക്കുകയും ധർമ്മനിഷ്ഠ പാലിച്ചു വരികയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു ലൂത്തിനെയും ഓർക്കുക അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം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 ൂ പറ ലൂത്തിന്റെ അനുയായികളെ നിങ്ങളുടെ രാജ്യത്തു നിന്നും പുറത്താക്കുക അവർ ശുദ്ധി പാലിക്കുന്ന കുറെ ആളുകളാകുന്നു എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി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 നിങ്ങൾക്ക് വഴി കാണിക്കുകയും തന്റെ കാരുണ്യത്തിന് മുമ്പിൽ സന്തോഷ സൂചകമായി കാറ്റുകൾ അയക്കുകയും ചെയ്യുന്നവനോ അതല്ല നിങ്ങളുടെ ദൈവങ്ങളോ അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ദൈവവുമുണ്ടോ അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അള്ളാഹു അതീതനായിരിക്കുന്നു مَن يَبْدَأُ الخَلْقَ ثُمَّ يُعِيدُهُ وَمَن يَرْزُقُكُمْ مِنَ السَّمَاءِ وَالأَرْضِ أَإِلَٰهٌ مَّعَ اللَّهِ قُلْ هَاتُوا بُرْهَانَكُمْ إِن كُنتُمْ صَادِقِينَ أَثَوَىٰ سِرْتِ أَرْمِقُكُمْ بِنِيْدِ أَدْ عَاوِرْتِكُم آغَاشَتُنُمُ الْأَرْضِ مِنْكُمْ تُبْجِيهُ نِلْكُ உபஜீவனம் നൽകുഗ്യം ചെയ്യുന്നവനോ അദല്ല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 അവർ പറയുന്നു എപ്പോഴാണ് ഈ വാഗ്ദാനം നടപ്പിൽ വരിക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ പറഞ്ഞുതരൂ നീ പറയുക നിങ്ങൾ ധൃതി കാര്യങ്ങളിൽ ചിലത്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 ൂയോൻ അവർ അക്രമം പ്രവർത്തിച്ചതു നിമിത്തം ശിക്ഷയെപ്പറ്റിയുള്ള വാക്ക് അവരുടെ മേൽ വന്നുഭവിച്ചു അപ്പോൾ അവർ യാതൊന്നും ഉരിയാടുകയില്ല രാത്രിയെ നാം അവർക്ക് സമാധാനമടയാനുള്ളതാക്കുകയും പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ കണ്ടില്ലേ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് صخو بالصور ففزع من في السماوات ومن في الارض الا من شاء الله وكل اتوه داخلين الله وكل اتوه داخلين كاهلتيل <تصفيق> بودपडना <تصفيق> दिवसति ओरकुगा अपोल आकाशங்களிலുള്ളവരും ഭൂമിയിലുള്ളവരും ഭയവിഹലരായി പോകും അല്ലാഹു ഉദ്ദേശിച്ചവരഴിക എല്ലാവരും എളിയവരായിക്കൊണ്ട് അവന്റെ അടുത്ത് ചെല്ലുകയും ചെയ്യും പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണ് എന്നു നീ ധരിച്ചുപോകും എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നതുപോലെ ചലിക്കുന്നതാണ് എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനമത്രേ അത് തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ആർ നന്മയും കൊണ്ടുവന്നോ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 അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കവ മനസ്സിലാകും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാതൊന്നിനെപ്പറ്റിയും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല